നിങ്ങളുടെ സത്യങ്ങളിൽ അബദ്ധമായി പറഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുസുബഹാനഹുവ ചായല നിങ്ങളെ പിടികൂടുകയില്ല എന്നാൽ നിങ്ങൾ ഉറപ്പിച്ചു ചെയ്ത സത്യങ്ങളെക്കുറിച്ച് അവൻ നിങ്ങളെ പിടികൂടും അതിന്റെ പ്രായശ്ചിത്വം നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ നൽകുന്ന ശരാശരി ഭക്ഷണത്തിൽ നിന്നും പത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുകയോ അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം നൽകുകയോ അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ് അതിന് സാധിക്കാത്തവർ മൂന്നു ദിവസം നോമ്പനുഷ്ഠിക്കണം നിങ്ങൾ സത്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ സത്യങ്ങളുടെ പ്രായശ്ചിത്വം ഇതാണ് അതിനാൽ നിങ്ങളുടെ സത്യങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി അള്ളാഹു സുബാനഭൂവത്തെ ആരാ തന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്കിപ്രകാരം വിശദീകരിച്ചു തരുന്നു